നിങ്ങൾ വിജയം തേടുകയാണെങ്കിൽ തീർച്ചയായും വിജയം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കുത്തമമായിരിക്കും നിങ്ങൾ വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങളും വീണ്ടും ആക്രമിക്കും നിങ്ങളുടെ സംഘം എത്ര വലുതാണെങ്കിലും അത് നിങ്ങൾക്കൊട്ടുമുപകരിക്കുകയില്ല തീർച്ചയായും അള്ളാഹു സുബാനഹൂവത്ത ആല വിശ്വാസികൾക്കൊപ്പമാകുന്നു